നിങ്ങൾ അവരെയും അവർ ആരാധിക്കുന്നതിനേയും വിട്ടു നിൽക്കുമ്പോൾ നിങ്ങൾ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുവേൻ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്കവന്റെ കാരുണ്യത്തിൽ നിന്ന് വിസ്തൃതി നൽകുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സൌകര്യം ഒരുക്കിത്തരികയും ചെയ്യും